അദ്ദേഹം രണ്ടു പേർക്കും ശത്രുവായവനെ പിടിക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മുസ അലിഹിസലാം ഇന്നലെ ഒരു വ്യക്തിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ നീ ഉദ്ദേശിക്കുന്നുവോ ഭൂമിയിൽ ഒരു സ്വേച്ഛാധിപതിയാകാനാണ് നീ ആഗ്രഹിക്കുന്നത് നന്നാക്കുന്നവരിൽ ഒരാളാകാനല്ല